ഈ കുർആആൻ അള്ളാഹു സുബഹാനഹുവറ്റ ആലായല്ലാതെ മറ്റൊരാളുമുണ്ടാക്കിയതാകാൻ കഴിയില്ല മറിച്ച് ഇതിനു മുൻപുള്ളതിനെ സത്യപ്പെടുത്തുന്നതും ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാനഹുവലായയുടെ ഭാഗത്തുനിന്ന് യാതൊരു സംശയവുമില്ലാത്ത വിശദമായ ഗ്രന്ഥവുമാകുന്നു ഇത്